തത്വമസിയുന്ന വാക്യത്തിന്റെ ശ്രവണം പിന്നെ മനനം നീദ്യാസനം കൊണ്ട് ആത്മബോധം ഉണ്ടാകുന്നു ഉണ്ടായിക്കഴിഞ്ഞാലും അവദ്യാ സംസ്കാരം അനുവർത്തിക്കുന്നു സാംസ്കാരികമായ അറിവുണ്ടാകുന്നു സംസാരത്തെ സംബന്ധിച്ച് വ്യവഹാരങ്ങളും ഉണ്ടാകുന്നു തത്വജ്ഞാനം ഉണ്ടായാൽ പഞ്ചാനുഭവം വീണ്ടും തുടരുന്നുത്തെ ഗുണം ധൂത്കൃത്യ സസ്യതിക്തതാസനത്തിലൂടെ ശരിയായ ജ്ഞാനം ഉണ്ടായ വീണ്ടും പ്രപഞ്ചാനുഭവം ഉണ്ടാവുന്നു അങ്ങോട്ട് കൊടുത്തിരിക്കുന്ന ഉദാഹരണം നമുക്ക് പൂർവക്ഷി പറഞ്ഞ ഉദാഹരണം തന്നെ താൻ വ്യവഹാരപ്രത്യാനപി ആ വ്യവഹാരത്തെയും അനുഭവത്തെയും വീണ്ടും പഴയതുപോലെ തന്നെ എല്ലാ പ്രപഞ്ചവും അതുപോലെ തന്നെയാണ് അവിടെ ഗുരുവുണ്ട് ശിഷ്യനുണ്ട് ഋശപ്പുണ്ട് ദാഹമുണ്ട് പുരുഷനുണ്ട് സ്ത്രീയുണ്ട് എല്ലാ അറിവും പ്രത്യയവും തത്വജ്ഞാനത്തിന് ശേഷവും ഒരു മാറ്റമില്ലാതെ തുടരുന്നു എന്നാൽ മിഥ്യേദി മന്യമാല ഈ അനുഭവങ്ങളെല്ലാം ഇയാളെന്തായത് ഇത് മിഥ്യയാണെന്നറിയുന്നു കാരണം ബ്രഹ്മജ്ഞാനം ഉണ്ടായപ്പോ അവർക്ക് മനസ്സിലായി ബ്രഹ്മമാണ് സത്യം ബ്രഹ്മ ഒഴികളെല്ലാം മിഥ്യയാണ് ഇപ്പോൾ പ്രപഞ്ചാനുഭവം വീണ്ടും ഉണ്ടെങ്കിലും ഇത് മിഥ്യയാണെന്നറിയുന്ന അയം വിദ്വാൻ ഈ വിദ്വാൻ ജ്ഞാനീ ന ശ്രദ്ധത്തെ അത് ശ്രദ്ധിക്കുന്നില്ല ശ്രദ്ധിക്കുന്നില്ലെന്ന് പറഞ്ഞാൽ ഒന്നത് സത്യമാണെന്ന് കരുതുന്നില്ല സത്യമാണെന്ന് അറിയുന്നില്ല സത്യമാണെന്നറിഞ്ഞുകൊണ്ട് ഒരു വ്യവഹാരവും ചെയ്യുന്നില്ല സത്യമാണെന്ന് കരുതി ഒരു വ്യവഹാരം ചെയ്യുന്നില്ല ഈ ശ്രദ്ധിക്കുന്നില്ല സത്യമാണെന്ന് അതിനെ വിശ്വസിക്കുന്നുമില്ല മിഥ്യാണ് അപ്പൊ തത്വജ്ഞാനി തത്വജ്ഞാനത്തിന് പ്രപഞ്ചത്തെ പഴയതുപോലെ അറിയുന്നുണ്ടെങ്കിലും അതിനെ അസത്യമായി അറിയുന്നു മിഥ്യയായി അറിയുന്നു എന്തുകൊണ്ട് തത്വജ്ഞാനം കൊണ്ട് വിദ്വാന ശ്രദ്ധത്തെ വിദ്വാനെ ശ്രദ്ധിക്കുന്നില്ല പിത്തോപിയം പിത്തം കൊണ്ട് കേടായ ഇന്ദ്രിയുള്ളവനെപ്പോലെ പിത്തോപഹദം ഇന്ദ്രിയം യസ്യ പിത്തം കൊണ്ട് കേടായ ഇന്ദ്രിയം പിത്തം കൊണ്ട് കേടുപാടുകൾ സംഭവിച്ചു അവനെപ്പോലെ ഗുണം ൂത്കർത്യ തസ്യ തിക്തതാം ധൂത്കൃത്യ തെജൻ അഭി പൂർവത്തോട് ചേർക്കുന്നു അതിൻ്റെ തിക്തത കയ്പെ ധൂത്കൃത്യ തുപ്പിക്കളയും ധൂത്കർത്തിയ തെജൻ എന്നു വെച്ചാൽ തുപ്പിക്കളയും ഉടം തെജൻ ഉടനെ ശർക്കര എന്ത് ചെയ്യുന്നു കളയും അങ്ങനെ തുപ്പി കളയും അതിന്റെ തിക്തത അറിഞ്ഞിട്ട് അങ്ങനെ തിക്തത അറിഞ്ഞിട്ട് അവൻ ശർക്കരയെ കളയുന്നുണ്ടെങ്കിലും അവൻ അറിയാൻ ശർക്കര ഇതാണ് തത്വവിജ്ഞാനി പ്രപഞ്ചം മിഥ്യാണെന്നറിഞ്ഞിട്ട് എന്തു ചെയ്യുന്നു അതിനെ ശ്രദ്ധിക്കുന്നില്ല അയാൾക്കറിയാം ബ്രഹ്മമാണ് സത്യം ഇപ്പോൾ പിത്തം ഉള്ളവൻ ശർക്കര മകരമാണെന്ന് അറിഞ്ഞുകൊണ്ട് കപ്പി ശർക്കര തപ്പിക്കളയുന്നു സ്വീകരിക്കുന്നുണ്ട് അതുപോലെ പ്രപഞ്ച വ്യവഹാരങ്ങളെ ഇയാളും ത്യജിക്കുന്നു കർമ്മകാണ്ടത്തെയും ത്യജിക്കുന്നു മറ്റയാൾ ശർക്കരെയ തൊക്കളയുന്നു അയാൾകാലത്തെത്തിയിരിക്കുന്നു കാരണം അത് മിഥ്യാണ് എന്ന് അയാൾക്കറിയാം ശർക്കര കയ്പാണെന്നറിയാൻ ഉദ്ദേശിക്കുന്നു അവിടെ ഇതുകൊണ്ട് അയാൾക്ക് ശരിയായ ശർക്കരയെക്കുറിച്ചുള്ള ബോധമുണ്ട് ഇത് മധുരമാണ് പക്ഷെ ഇപ്പോഴത്തെ അനുഭവം എന്താണ് അത് കയ്പുള്ളതാണ് അപ്പം മധുരമാണെന്നുള്ള അറിവുള്ളത് കൊണ്ട് അയാള് ആ കയ്പ്പുള്ളതായ ശർക്കരയെ ഉപേക്ഷിക്കും അല്ല ബ്രഹ്മസത്യമാണെന്നറിയുന്നത് കൊണ്ട് മിഥ്യയായ ജഗത്തിന് ഉപേക്ഷിക്കും ും ശ്രദ്ധിക്കുന്നില്ല അതിന് ഉള്ള വ്യവഹാരങ്ങളൊന്നും അയാളേർപ്പെടുന്നില്ല ആണ് ശങ്കരുന്ന സർവകർമ്മ സന്യാസം എല്ലാ കർമ്മങ്ങളും ഉപേഷിക്കുന്നു ഇവിടെ അത് തന്നെ പറയുന്ന കർമ്മങ്ങളെല്ലാം ഉപേക്ഷിക്കുന്നു പിത്തോന്ദ്രിയവ ൂത്കൃൻ തധം കിയാക്കർവ്യത ഫലപ്രപഞ്ചം അതാഗമ്യനിച്ഛിന്വൻ കഥം അധികൃതനാമം അതുപോലെ എന്തു ചെയ്യുന്നു വിദ്വാന് തത്വജ്ഞാനി ഈ കർമ്മലോകം കർമ്മകാണ്ടത്തെ വിദ്വാൻ ഈ കർത്തവ്യതാ ഫലപ്രപഞ്ചം കർമ്മത്തെ കുറിച്ച് പറയണം കർമ്മസമൂഹങ്ങളെല്ലാം വൈദികമായ കർമ്മങ്ങളെ കുറിച്ച് പറയുകയാണ് ക്രിയ അത് ചെയ്യേണ്ട രീതി ഉണ്ടതിന് കർത്ത താൻ ചെയ്യുന്ന കർത്താവാണ് കരണം അത് ചെയ്യുന്നതിനുള്ള കരണങ്ങൾ എന്തൊക്കെയാണ് ഇന്നത്തെ ഉപകരണങ്ങൾ ചെയ്യേണ്ടത് ഇത് കർത്തവ്യത ചെയ്യേണ്ട രീതി എങ്ങനെയാണ് അതാണ് ഇത് കർത്തവ്യ ചെയ്യേണ്ട രീതി എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് ഫലം ഇത് ചെയ്ത എന്നതാണ് ഫലം പ്രപഞ്ചം ഇതെല്ലാം പ്രപഞ്ചം ഒന്ന് ചെയ്തെല്ലാം കൂടിയ ഈ കർമ്മം കൂടിയാണ് കർമ്മം അധാത്വികം മിനിച്ചിത് മിഥ്യയാണ് എന്ന് നിശ്ചയിച്ചവൻ അപ്പൊ കർമ്മത്തെ സംബന്ധിച്ചായിട്ടും ജീവിക്കുന്ന എന്താണ് ആ കർമ്മക്രിയ അത് മിഥ്യയാണ് കർത്തൃത്വം മിഥ്യയാണ് കരുണത്വം മിഥ്യയാണ് ചെയ്യേണ്ട രീതികൾ ഇതികർത്ത വിധത്വം മിഥ്യാണ് ഫലം മിഥ്യയാണ് ഇതെല്ലാം മിഥ്യാണ് ഇതൊക്കെ അസത്യമാണെന്ന് മിനി ചിഹ്ന ഉറപ്പിക്കുന്നത് എന്തുകൊണ്ട് ബ്രഹ്മം മാത്രമേ സത്യമായിട്ടുള്ളൂ ബാക്കിയെല്ലാം ങ്ങനെ ഉറപ്പ് വന്നവന് കഥം അധികൃത അവനങ്ങനെ കർമ്മത്തിന് അധികാരിയാവും കർമ്മം കൊണ്ട് എന്ത് നേടാനാണ് ഫലം ഉൾപ്പെടെയുള്ള എല്ലാം അസത്യമാണ് അഭിനന്ദനങ്ങൾ അയാൾ എങ്ങനെ കർമ്മത്തിന് അധികാരിയാവും അധികാരി അങ്ങനെ ചെയ്യും കർമ്മം ഒരു കർമ്മം ചെയ്യണമെങ്കിൽ അത് അധികാരിയാണോ അതിനെ വിശദീകരിക്കും അനധികാരിയായാലേ അയാൾക്ക് കർമ്മം ചെയ്യാൻ കഴിയും ി മനസ്സിലാക്കുന്നത് എന്താണ് ഇതെല്ലാം അസത്യമാണ് പിന്നെ അയളെങ്ങനെ അധികാരിയാവും അയാളെങ്ങനെ കർമ്മം ചെയ്യും അതുകൊണ്ട് കർമ്മം നടക്കില്ല എന്നർത്ഥം അതാണ് തത്വജ്ഞാന് കർമ്മം ചെയ്യാത്ത ചരിത്ര പ്രധാനമന്ത്രി ശരി പറയുന്ന എന്താണ് ബ്രഹ്മം സത്യമാണെന്നറിയുന്നു പ്രപഞ്ചവും മിഥ്യയാണെന്നറിയണം വൈദികമായ കർമ്മങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ തൻകർത്താവാണെന്നറിയണം ഈ കർമ്മങ്ങൾ സത്യമാണെന്നറിയണം ഈ കർമ്മത്തിന് സത്യമായ ഒരു ഫലമുണ്ടെന്നറിയണം അപ്പൊ യാഗം ചെയ്യണം യാഗം സത്യമാണ് യാഗത്തിന് സ്വർഗമെന്ന് പറയുന്ന ഫലമുണ്ട് ഇതിനെല്ലാം കുറിച്ച് സത്യത്വ ബുദ്ധിയാണ് പക്ഷെ പ്രപഞ്ചം മൊത്തം അസത്യം എന്നറിഞ്ഞവൻ അതിന് അതിന് സത്യത്വ ബുദ്ധി ഇല്ലാത്ത അയാള് മിഥ്യയായ കർമ്മങ്ങൾ ചെയ്ത് മിഥ്യയായ ഫലം എങ്ങനെ ആഗ്രഹിക്കും അയാള് സത്യം തന്നറിഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് അയാള് കർമ്മം ചെയ്യത്തില്ല അത് ശ്രദ്ധിക്കത്തില്ല പക്ഷെ അയാൾക്കറിയാം അതെല്ലാം എന്തുകൊണ്ട് സംഭവിക്കുന്നതാണ് സത്യത്തെ സാക്ഷാത്കരിച്ചു അപ്പോൾ കർത്തൃത്വം ഭോക്തൃത്വം എല്ലാം സത്യമാണെന്നറിഞ്ഞാലും കർമ്മസത്യം എന്നറിഞ്ഞ് മാത്രമേ വൈദികർമ്മം ചെയ്യാൻ പറ്റൂ മിഥിയെന്നറിഞ്ഞാൽ ചെയ്യാൻ പറ്റത്തില്ല ഫലവും സത്യമാണെന്നറിയും അപ്പം ഇതൊക്കെ മിഥിയാണെന്നറിയുന്ന ഒരാളൊരിക്കലും അത് ചെയ്യത്തില്ല അതുകൊണ്ടാണ് ഈ പറയുന്ന ബ്രഹ്മജ്ഞാനമുള്ള കർമ്മം ചെയ്യില്ല എന്ന് പറയുന്നത് നമ്മുടെ വൈദികർമ്മം വൈദികകർമ്മയുമ്പോ ഈ പറയുന്ന ഗണപതി ഹോമം ധരിച്ചുള്ള മനസ്സിലായ അതൊന്നുമല്ല എവിടെയാണോ ശരിയായ കർത്തൃത്വ ബുദ്ധിയോടുകൂടി കർമ്മം ചെയ്യേണ്ടി വരുന്നത് വൈദികകർമ്മ അങ്ങനെയുള്ള കർമ്മങ്ങളും അത് വിധിപ്രകാരം ചെയ്യുന്ന കർമ്മങ്ങൾ ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കുന്ന വിധിയനുസരിച്ച് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ വേദത്തിന്റെ അടിസ്ഥാനത്തിലാണ് ചർച്ച ചെയ്യുന്നു വേദവിധി അനുസരിച്ച് ചെയ്യുന്ന കാര്യങ്ങൾ വേദം തന്നെ അസത്യം എന്നറിയുന്നു പിന്നെ അതിലവന് ശ്രദ്ധ ഉണ്ടാകത്തില്ല വെച്ചാൽ ഈ കർമ്മം ചെയ്താൽ ഇന്ന ഫലം നേടണം അതാണ് ലക്ഷ്യം ആവിശ്വാസവനുണ്ടാകുന്നു അപ്പൊ അവൻ കർമ്മം ചെയ്യുന്നില്ല അതുകൊണ്ട് തത്വജ്ഞാനി കർമ്മം ചെയ്യാതിരിക്കുന്നത് ന്യായമാണ് അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ജ്ഞാനമുള്ളവൻ ഒരിക്കലും കർമ്മ സമിച്ച് ഉണ്ടാകത്തില്ല ൗകികമായ കർമ്മങ്ങളെ സംബന്ധിച്ചിടത്തോളം പറയുന്നത് എന്താണ് അപ്പോ തത്വജ്ഞാനം ഉണ്ടായി അയാള് പ്രപഞ്ചം ബ്രഹ്മസത്യം നിറഞ്ഞു പ്രപഞ്ചം മിത്യം നിറഞ്ഞു അപ്പൊ മരിച്ചില്ലല്ലോ ജീവിച്ചിരിക്കുകയെന്നേ ജീവിച്ചിരിക്കണമെങ്കി എന്ത് വേണം ഏ ജീവിച്ചിരിക്കണമെങ്കി ഭക്ഷണം വേണം പ്രധാനമായിട്ടും മിനിമം എന്തൊക്കെ വേണോ അതല്ല അപ്പൊ ആ മിനിമം ഭക്ഷണം മറ്റും കാര്യങ്ങൾ വേണം അതിനു വേണ്ടിട്ട് എന്ത് ചെയ്യണം എന്നല്ല ശങ്കരായര് പറയുന്നു അധൈര്യം പറയുന്നു അവരെന്താ പറയുന്നത് ഭിക്ഷ അതുകൊണ്ടാണ് ചാതുർവർണ്ണയം നിലനിൽക്കണമെന്നൊക്കെ ശങ്കരാചാര്യ പറയുന്ന ഒരു കാരണം ചാതുർണ്ണ വ്യവസ്ഥയിൽ നിലനിൽക്കുന്നിടത്തെ അങ്ങനെ സന്യാസി എന്താണ് ഇതെല്ലാം ഉപേക്ഷിച്ച് കേവലം ഭിക്ഷ കൊണ്ട് ജീവിക്കാൻ പറ്റും അല്ലാത്തൊരു ഭിക്ഷം കൊടുക്കും അങ്ങനെ ഉറപ്പു അപ്പൊ ഈ ശാസ്ത്രങ്ങൾ എഴുതി വെച്ചിരിക്കുന്നോണ്ട് എന്ത് ചെയ്യും ഭിക്ഷോ അപ്പൊ കേവലം ഭിക്ഷയെ മാത്രം ആശ്രയിച്ച് ജീവിക്കണം വേറെ ഒരു പണിയും ചെയ്യാൻ പാടില്ല ഒന്നും സമ്പാദിക്കാനും പാടില്ല ഒന്നും ചെയ്യാനും പാടില്ല അതാണ് ശങ്കരാചാര്യ നിലപാട് ശങ്കരാചാര് ഭക്ഷണം ഇപ്പൊ ഗുരുവിനങ്ങനെ ഒരു ഭക്ഷണം ഭിക്ഷ എടുത്ത് ജീവിക്കണമെന്ന് ഭക്ഷം ഉണ്ടാകും അപ്പൊ ഗുരു അദ്വൈതമൻ്റെ പറയുന്നു ശങ്കരാചാര്യ അത്വൈതത്തിൽ ശങ്കരാചാര്യ അദ്വൈതവും ഗുരുവിന്റെ അദ്വൈതവും തമ്മിൽ വ്യത്യാസം ചോദിച്ചാൽ ഇങ്ങനെയൊക്കെയുള്ള വ്യത്യാസങ്ങളുണ്ട് ഇവിടെ സന്യാസം സ്വീകരിച്ചു രക്ഷണം ആ അതൊക്കെ ഇവിടെ വച്ചിരിക്കുന്നത് എന്തെന്ന് വെച്ചുകഴിഞ്ഞാല് നമ്മൾ പലതും എന്താണ് ഇപ്പൊ അന്ധമായ അനുകരണം അന്ധമായിട്ടുള്ള ഒരു അനുകരണമാണ് അതെന്തിനു വേണമെന്നൊന്നും അറിയത്തില്ല കാരണം നോർത്ത് ഇന്ത്യയിലൊക്കെ അങ്ങനെയുണ്ട് അവരൊക്കെ അത് ചെയ്യുന്നു അപ്പൊ ഇവിടത്തെ സന്യാസം എന്ന് പറയുന്നത് ശങ്കരപരമ്പരയിലെ സന്യാസമല്ല അത് ആദ്യം മനസ്സിലാവും ആ ശങ്കരപരമ്പരയിലെ സന്യാസമാണെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യണം അതെയോ ഗുരുവിന്റെ പരമ്പരയിൽ അതിന്റെ ഒന്നും ആവശ്യമേ ഗുരുവിന്റെ പരമ്പരയില് ആനന്ദ തീർത്തർക്ക് എങ്ങനെയാ സന്യാസം കൊടുത്തത് ശര നടത്തിന് മുമ്പേ വിളിച്ചോണ്ടിരുട്ടി ദിവസം എന്തോ വെള്ളം എന്തോ തലയിൽ ഒഴിച്ചല്ലേ അഭിഷേകം നടത്തിയെന്ന് എവിടെ ആ അതങ്ങനെ ഇവിടെ നടന്നുകൊണ്ടിരുന്ന ഇവിടെ ഇവിടെ നിങ്ങൾ ഇതൊക്കെ ചെയ്തു വച്ചിരിക്കുന്നേ അന്ന് വേറെ കാര്യമുണ്ട് അന്നിപ്പം ഞാൻ എന്തെങ്കിലും ഇവിടെ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ എന്റെ സ്വന്തം അഭിപ്രായ പ്രകാരം ചെയ്യും ആ ശാശനുസ്വാമിയുടെ അപ്പൊ ശാശോനുസ്വാമിയുടെ കയ്യിൽ രാമകൃഷ്ണ മഠത്തിന്റെ സന്യാസം കൊടുക്കുന്ന ഒരു ആണ് സ്വാമിയുടെ കയ്യിൽ ഇരിക്കുന്നത് ഞാനതിനെ കുറച്ച് മാറ്റം വരുത്തി ഇതിനും ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞാനതിന് കുറെ ഇത്രയൊന്നും വേണ്ടെന്ന് പറഞ്ഞ മാറ്റം വരുത്തിയിട്ടാണ് ഇവിടെ ചെയ്തത് അപ്പോ അല്ല എന്ന് എന്താണ് നടന്നു വന്നുകൊണ്ടിരിക്കുന്നവര് ഇവിടുത്തെ രീതിയെ ഞാനായിട്ട് മാറ്റിയ പ്രശ്നമാകത്തില്ലേ ഇപ്പോഴും മാറ്റണമെന്ന് ഞാൻ പറയത്തില്ല പക്ഷെ ഈ കാണിക്കുന്നതൊക്കെ മണ്ടത്തിലോടനെ ഞാൻ പറയത്തുള്ളൂ ഇന്നാണെങ്കിൽ ഞാനതിനൊക്കെ കൂടെ നയി അത് പേരൊക്കെ പക്ഷെ വ്യത്യാസം പറയുകയുള്ളൂ എനിക്കൊന്നത് അനന്ത തീർത്ഥല ശാരദാമളത്തിന് മുമ്പ് കൊണ്ടുവരുത്തിയെന്തോ അഭിഷേകമെന്തോ ചെയ്തു കാവ്യം കൊടുത്ത് നടജന സന്യാസമൊന്നും കൊടുത്തിട്ടില്ല സന്യാസമൊന്നും വ്യാഖ്യാനിക്കുന്ന രീതി ബോധാൻസ്വാമി ആ ബോധാൻസ്വാമി പിന്നെ അഭിഷേകം ചെയ്തതായിട്ട് പറയുന്നു ഗുരു ചെയ്തോ വേറെ കൂടെ ചെയ്യിച്ചോന്നറിയത്തില്ല എന്തായാലും ഗുരുവിന്റെ ഒരു സ്റ്റൈലങ്ങ് കൊടുത്തു അത്ര ഗുരുവിന്റെ ഒരു അതിന് അങ്ങനെ ഈ എഴുതി വച്ചിരിക്കുന്ന ഇതൊക്കെ ശരിയാണെന്ന് നമുക്കറിയാൻ പറ്റില്ല ഓരോരുത്തർക്ക് സംഭവം കഴിഞ്ഞ് എഴുതുന്നതല്ലേ എഴുതുന്നത് തന്നെ ശരിയാണോന്നറിയാൻ പറ്റില്ല അപ്പോഴെ രേഖപ്പെടുത്തി വയ്ക്കുന്നില്ലെങ്കിൽ അവരെ അവരോട് ചോദിക്കണം ആനന്ദതീർത്ഥരെ കണ്ടിട്ട് എങ്ങനെയാണ് ധന്യാ ചോദിച്ചിരുന്നെങ്കിൽ ആനന്ദതീർത്തർ പറഞ്ഞത് കറക്റ്റായിരുന്നു അങ്ങനെ ആനന്ദതീർത്തരെവിടെങ്കിലും രേഖപ്പെടുത്തിയിട്ടുള്ളൂ എന്ന് എനിക്ക് െന്തെങ്കിലും ചോദിച്ച് രേഖപ്പെടുത്തി എന്തായാലും ശരി ശങ്ക ശങ്കരപരമ്പരയിലെ സന്യാസമല്ല ഗുരുവിന്റെ സന്യാസം ശങ്കരാചാര്യ അത് പറഞ്ഞിട്ട് ഭിക്ഷ എടുക്കാൻ പറഞ്ഞിടുക ജീവിതകാലം മുഴുവൻ ഭിക്ഷ എടുക്കാനാ പറഞ്ഞിരിക്കുന്നു സിദ്ധാന്തം മനസ്സിലായി ചെന്നിജാലി ശങ്കരാചാര്യന്മാർ അവര് കൊത്തായത്തിൽ നന്മാരിയൊക്കെ വെച്ച് തിന്നു തിന്നുകൊണ്ട് തന്നെ ഇരിക്കുന്നു അവർ ഭിക്ഷയൊന്നും എടുക്കാറില്ല എഴുത്താൽ തന്നെ അതൊക്കെ വലിയ സ്റ്റൈല് ഭിക്ഷണു നേരത്തെ അവർ വീട്ടില് വലിയ വീട്ടിൽ പറയും ശ്രദ്ധയൊക്കെ അവിടെ ചെന്ന് കഴിച്ചിട്ട് ഭിക്ഷയാണെന്ന് അവരോട് പറഞ്ഞിട്ടിറങ്ങിപ്പോലും ഏഹ് ഏത് ശങ്കരായങ്ങനെ എഴുതി വെച്ചാൽ നടന്നോ ഇല്ലെന്ന് എനിക്കറിയത്തില്ല ശങ്കരായിരിക്കുന്നാണെന്ത് ഭിക്ഷന്ന് പറയും പിന്നെ നടന്നോ ഇല്ലേ എന്നൊന്നും എനിക്കറിയത്തില്ല അങ്ങനെ ചിലപ്പോ ജീവിക്കുന്നവർ കാണും ഭിക്ഷ എടുത്ത് ഞാൻ വടക്കേന്ത്യയിൽ വെച്ചിരുമ്പോൾ അങ്ങനെ അവിടെയൊക്കെ പലരെയും കണ്ടിട്ടുണ്ട് അവർ ഭക്ഷണം ആണ് ജീവിക്കുന്നതെന്ന് പലരും പറഞ്ഞിട്ടുണ്ട് അവരിങ്ങനെ സഞ്ചരിച്ചുകൊണ്ടേ അങ്ങനെ അങ്ങനെയൊക്കെ ഉള്ളവർ ഇന്നിപ്പോൾ ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല ഉണ്ടായിരുന്നു വടക്കേന്ത്യൻ ഉണ്ടായിരുന്നു ഈ ശങ്കരാന്യം എഴുതി വച്ചിട്ട് അതുപോലെ ജീവിക്കണമെന്ന് വാശി പിടിച്ച് ജീവിക്കുന്നവർ ഉണ്ടായിരുന്നു പക്ഷെ വേറെ കാലം കഴിയുമ്പോറും അതൊക്കെ നടക്കാതെ വരികയാണ് എന്താണ് ഗുരുവിൻ്റെ എന്താണോ സമൂഹത്തിൽ പ്രവർത്തിക്കാനാ പറഞ്ഞത് അപ്പൊ സമൂഹത്തിൽ പ്രവർത്തിക്കാൻ പറഞ്ഞു വിടുമ്പോ പിന്നെ ഇന്ന് ഒരു പറയുന്ന രീതി സന്യാസിയായി പ്രവർത്തിക്കണമെന്ന് പറയുമ്പോ അതിന് ഈ എന്താണ് ഒന്നുള്ളത് ഈ ശ്രീനാരായണ ധർമ്മം ശ്രീനാരായണ ധർമ്മം എന്ന് പറയുന്നത് മറ്റേ സ്വാമി എഴുതിയാണ് അത് ഹനുമാൻ സ്വാമി എഴുതി വെച്ചാണ് അത് ഗുരുവിനെ ഗുരുവിനെ കാണിച്ചപ്പോ ഓക്കേ എന്ന് ഗുരു ഏതാ ആരെന്തെഴുതി കാണിച്ചാലും ഓക്കേ എന്ന് പറയുന്നു അങ്ങനെ ഓക്കേ എന്ന് പറഞ്ഞെഴുതിയാണ് അത് ഗുരുവിന്റെ കാഴ്ചപ്പാടെന്ന് പറയാൻ പറ്റില്ല അതിനെന്തൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഗുരുവിന്റെ ഒരു മൊത്തം വെച്ച് നോക്കുമ്പോൾ കാവ്യണമെന്ന് നിർബന്ധമില്ല സന്യാസിക്ക് ഒന്നും ഗുരുവിന് നിർബന്ധമില്ല വെള്ളവസ്ത്രമായാലും മതി പിന്നെ ഗുരുവിന്റെ രീതി അനുസരിച്ച് നോക്കുകയാണെങ്കിൽ മുണ്ടൊടുക്കണമെന്ന് നിർബന്ധമില്ല പാൻസായാലും മതി തല മുട്ടയടിക്കണമെന്ന് നിർബന്ധമില്ല മുട്ടയടിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമില്ല പിന്നെ ഒരേ ഒരു കാര്യത്തിലാണ് നിർബന്ധമുള്ളത് എന്താണോ എന്താണ് അതല്ല ഒരു സന്യാസിയുടെ ഡിസിപ്ലിൻ സഹോദര ബുദ്ധി സഹോദര ബുദ്ധി മാത്രമല്ല പിന്നെന്താണ് ബ്രഹ്മചാരിയായി ജീവിക്കുക സന്യാസിമാരങ്ങനെ ജീവിക്കണമെന്ന് ഗുരുവിന് നിർബന്ധമുണ്ടായിരുന്നു സന്യാസിമാർ ബ്രഹ്മചര്യമാരായി ജീവിക്കുക ഈ ഒരു കാര്യത്തിൽ മാത്രമേ ഗുരുവിന് നിർബന്ധമുണ്ടായിരുന്നുള്ളൂ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളിലും ഗുരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായിരുന്നു ഗൃഹസ്ഥന്മാരാണെങ്കിൽ അങ്ങനെ ജീവിക്കണം സന്യാസി വേറെ രീതിയിൽ ജീവിക്കണം അവരുടെ എന്ത് തലമുട്ട അടിക്കണമെന്നോ കാവ്യ കൊടുക്കണമെന്നോ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും ഗുരുവിന് യാതൊരു നിർബന്ധമുണ്ടായിരുന്നില്ല പക്ഷേ ഡിസിപ്ലിൻ വേണം ജീവിതത്തിൽ ഭാവിയിലൂടെ ഉണ്ടാകുമോന്ന് സന്യാസമൊക്കെ അങ്ങനെയായിരിക്കും എന്ന് പറഞ്ഞാൽ കാലം മുമ്പോട്ട് ചെല്ലുമ്പോ ഇതുപോലെ വെട്ടി വേഷം കിട്ടാനൊന്നും ആളെ കിട്ടത്തില്ല മനസിലായോ ഇപ്പൊ തന്നെ ആൾക്കാർ ഒരുപക്ഷെ ആശയത്തോട് താല്പര്യം വന്നിട്ട് അവര് സാധാരണ മനുഷ്യരെ പോലും ജീവിക്കും വിവാഹം കഴിക്കില്ല ബ്രഹ്മചാരിമാരായി ജീവിക്കും സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കും അതാണ് ധർമ്മസംഘത്തിന്റെ നിയമഘടനയില് രണ്ടു വാക്കുകൾ എഴുതിയിട്ടുണ്ട് ഒന്നൊന്നാണ് സന്യാസി മറ്റൊന്ന് ത്യാഗി നമ്മുടെ ട്രസ്റ്റിൽ എഴുതി വെച്ചിട്ടുണ്ട് സന്യാസിമാര് ത്യാഗികൾ വന്നു രണ്ടു കൂട്ടരാണ് പറഞ്ഞിരിക്കുന്നു അപ്പൊ ഈ ത്യാഗിന്ന് പറയുന്നാരാണ് വെച്ചാ ഇതുപോലെ വേഷം കെട്ടി പോകെ പോലെ നിറം നിറം മാറാത്ത ആൾക്കാർ അതാണ് ഗുരുവിന്റെ കാഴ്ചപ്പാട് അതുകൊണ്ട് ഇതിനൊന്നും അങ്ങനെ എന്താണ് വേഷം കെട്ടി പിന്നെ വേണ്ടാതിനൊക്കെ പോകുന്നതിനുള്ളത് വേഷം കെട്ടാതെ സാധാരണ മനുഷ്യരായി ഡിസിപ്ലിനെ ജീവിക്കുക ഡിസിപ്ലിൻ അത് ഗുരുവിന് നിർബന്ധമുള്ള കാര്യമായിരുന്നു ഗുരു അങ്ങനെ ഒരു ഡിസിപ്ലിനെ ജീവിച്ച ആളാണ് ആ ജീവിതത്തിന്റെ ഒരു വിശുദ്ധി അത് നിലനിർത്തണമെന്ന് ഗുരുവിന് താല്പര്യമുണ്ടായിരുന്നു ആ വിശുദ്ധയെ നിലനിർത്തി ജീവിക്കുക അതാണ് ഇവർ പറയുന്ന ബാക്കി കാണിച്ചു കൂട്ടുന്നങ്ങൾ ഇന്ന് പോയി കാണിക്കുന്നതൊക്കെ ഇന്ന് നടക്കും നാളെയൊന്നും നടക്കില്ല ഇന്നിങ്ങനെയൊക്കെ തന്നെ പോകും കുറച്ചു കാലങ്ങളിൽ അത് കഴിയുമ്പോ ഇതൊക്കെ മാറും അതായിരിക്കും ഇതൊക്കെ നിലനിൽക്കാൻ ഇപ്പത്തന്നെന്താണ് സന്യാസി എന്ന് പറഞ്ഞ ഇപ്പൊ അതൊരു പ്രൊഫഷൻ ആയിക്കഴിഞ്ഞു ഇപ്പൊ തന്നെ മാറ്റം വന്നു ഒരു തൊഴിൽ സന്യാസം എന്ന് പറഞ്ഞൊരു തൊഴിലാണ് അപ്പൊ ആ തൊഴിൽ ഡീസെന്റായി ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ അത് കഴിഞ്ഞു സന്യാസത്തിന് പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല തൊഴിലും ചെയ്യുന്ന ഒരു തൊഴിൽ അപ്പോ ആ ഒരു നിലയിലേക്കാണ് ഇന്ന് സന്യാസം വന്നിരിക്കുന്നത് അങ്ങനെ ഇത് പോകത്തുള്ളു മുമ്പോട്ടത് പോകത്തുള്ളു അപ്പൊ അതില് സന്യാസിമാര് ഒരു ഡിസിപ്ലിൻ അച്ചടക്കം പെരുമാറ്റച്ചട്ടം പുലർത്തി മുമ്പോട്ട് പോയാൽ ഇതിനൊരു നിലനിൽപ്പുണ്ടാവും ഇല്ലെങ്കിൽ പിന്നെ അതും കാണത്തില്ല ആ പഴയ കാലത്തെല്ലാം അങ്ങനെ ആയിരുന്നു എല്ലാവരും പഴയ കാലത്തെല്ലാവരും സന്യാസത്തിന്റെ രീതി പോയത് ഇങ്ങനെ നടക്കില്ലെന്ന പറയുന്നുണ്ട് ശങ്കരായര് പറഞ്ഞത് ആ കാലത്തേക്ക് പറഞ്ഞ കാര്യം ശങ്കരായരുടെ കാലത്ത് ഇങ്ങനെ നടന്നു എന്നറിയത്തില്ല ഒരുപക്ഷെ ശങ്കരായരുടെ ആഗ്രഹം പറഞ്ഞായിരിക്കും ഭക്ഷി എടുത്ത് ജീവിക്കുന്നു കുറച്ചുപേരൊക്കെ അങ്ങനെ ജീവിച്ചിരിക്കും എല്ലാവരും ശങ്കര മടങ്ങൾ എന്ന് പറയുന്ന അങ്ങനെ അല്ല ജീവിക്കും അവരൊരുപാട് സ്വത്തൊക്കെ സമ്പാദിച്ചു ഇതൊരു പ്രത്യേക ജീവിത ശൈലി എന്നു കണക്കാക്കാൻ പറ്റും കാരണം സന്യാസം ആയിക്കഴിഞ്ഞാ പിന്നെ അവന്റെ പ്രധാന ജോലി എന്താണെന്ന് എന്താണ് ജോലിന്ന് പറയുന്നത് സ്വത്ത് സമ്പാദിക്കാവുന്നതാണ് സേവനം എന്നൊക്കെ പറഞ്ഞ അതാണ് പണം സമ്പാദിക്കുക അതെല്ലാം ശരിക്കും ചെയ്യുന്നത് പിരിവിനറങ്ങിയാലും എന്തായാലും പിരിവിനറങ്ങിയാൽ എന്തായാലും പൈസ സമ്പാദിക്കാം അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതൊരു തൊഴിലാണ് ആ തെറ്റെന്ന് തന്നെ ഞാൻ പറയുന്നു പണം സമ്പാദിക്കുന്ന തെറ്റൊന്നും അല്ല പണം സമ്പാദിക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് പണം സമ്പാദിച്ചവന് ഡീസെന്റായിട്ട് ജീവിക്കാം അപ്പം പണം സമ്പാദിച്ച ഡീസെന്റായി ജീവിക്കുക എന്ന് പറയുന്നത് നേരെയുള്ളുന്ന ഉനിയുള്ള കാലത്തെ വേറെയൊരു നടസോന്ന് ഇപ്പോ പണ സംഭാധിയുമ്പോൾ അത് tertipilodi multiplodi നരബലി നടത്തി എന്നും പൈസ ഉണ്ടാക്കാതിരിക്കുക നേരെയുള്ള ഉണ്ട് അൾകാരെ പറ്റിച്ചു പൈസ ഉണ്ടാക്കാതിരിക്ക നല്ല രീതി എന്തേയാണ് ഒന്ന് ഉണ്ട് നല്ല പ്രവർത്തനങ്ങളെ സമൂഹത്തിന് ഗുണമുള്ള പ്രവർത്തനങ്ങളെ ചെയ്യുക അങ്ങനെയൊക്കെ ഒരു തൊഴിലായിട്ട് ജീവിക്കുക സന്യാസം അതിന് അപ്പുറം സന്യാസം എന്ന് പറയുന്നത് ഇനി ആരും ഒരു അർത്ഥം കല്പിക്കത്തുമില്ല അതിന് ഇനി വരുന്ന കാലത്ത് അതിനൊരു അർത്ഥവും ഇല്ല പിന്നെ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിവുള്ളതും എടുക്കൽ അതേ പണം സമ്പാദിച്ച മുഴുവൻ സ്വന്തം കാര്യത്തിന് ചിലവാക്കരുത് മറ്റുള്ളവർക്കൂടി ചിലവാക്കും സ്വന്തം കാര്യങ്ങൾ അതിൽ നടക്കും അങ്ങനെ ഒരു പോളിസിയിൽ ഇനി സന്യാസൊക്കെ മുമ്പോട്ട് പോകത്തുള്ളു അങ്ങനെയാണ് ഇപ്പോൾ പോകുന്നത് പിന്നെ ഞങ്ങൾ എന്തോ വലിയ ത്യാഗികളാണെന്നൊക്കെ വെറുതെ ഇങ്ങനെ അഭിനയിക്കുന്നു എന്നുള്ള ആരെങ്കിലും അങ്ങനെ ത്യാഗികളുണ്ടോ ഏഹ് ഇല്ല എല്ലാവർക്കും ബാങ്കിൽ അക്കൗണ്ടും സൗകര്യങ്ങളൊക്കെ ഉള്ളവർ തന്നെയാണ് അതിന് തെറ്റുണ്ടെന്ന് പറയുന്നില്ല കാലം മാറുമ്പോൾ അങ്ങനെയൊക്കെ തന്നെ അതിന് നമ്മൾ പിന്നെ അത് ഏറ്റവും പ്രധാനമായി നോക്കേണ്ടത് എന്താണ് നമ്മുടെ ഡിസിപ്ലിൻ എന്ന് പറയുമ്പോ ഏറ്റവും പ്രധാനമായി നോക്കേണ്ടത് എന്താണ് എന്താണ് രാജ്യത്തിന് നമ്മൾ ജീവിക്കുന്ന രാജ്യത്തിന്റെ നിയമങ്ങൾക്കനുസരിച്ച് ജീവിക്കുക അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിയമങ്ങൾ പരിപാലിച്ചുകൊണ്ട് ജീവിക്കുക സദാചാരം എന്ന് പറഞ്ഞാലും സെൽസ്വഭാവം എന്ന് പറഞ്ഞാലും ഒക്കെ അതിന്റെ അടിസ്ഥാനം ഇതാണ് നിയമങ്ങൾ പരിപാലിക്കുക അപ്പൊ നിയമവ്യവസ്ഥയെ ഉല്ലംഘിക്കാതിരിക്കുക എല്ലാത്തിന്റെ അടിസ്ഥാനം അതാണെന്ന് ഏത് സദാചാര വിരുദ്ധമായ പ്രവൃത്തി ചെയ്താലും അവിടെ ഒരു നിയമ ലംഘനം വരും അപ്പം നിയമം പാലിക്കണമെന്ന് വന്നു കഴിഞ്ഞാൽ ഉണ്ടല്ലോ അപ്പം നമുക്ക് എന്താണ് സദാചാര വിരുദ്ധമായ പ്രവൃത്തികളിൽ ഇടപെടാൻ പറ്റില്ല എന്തെങ്കിലും തട്ടിപ്പോ തട്ടിപ്പോ നടത്തിയതാണ് അത് നിയമലംഘനമാണ് ഇപ്പൊ ഏത് രീതിയിലും അതായത് ഈ ശങ്കരാചാര കഴുകി വച്ചിരിക്കുന്ന കാര്യങ്ങളെന്താണ് നിത്യാനിത്യ വസ്തുവിവേകം പിന്നെന്താണ് ഇതിലൊന്നും ഒരു കാര്യമില്ല ഇന്ന് എന്നും പഠിച്ചു വെച്ചിട്ട് കാണാതെ പഠിച്ചു വെച്ചിട്ടൊന്നും ഒരു കാര്യമില്ല പിന്നെ എന്താ പഠിക്കേണ്ടത് നമ്മുടെ രാജ്യത്തെ നിയമം അനുസരിച്ച് ജീവിക്കുക അതാണ് നിത്യാനിത്യവസ്തുവേ മറ്റൊന്നും ഒരു അർത്ഥശൂന്യമായ കാര്യങ്ങളാണ് മനസ്സിലായോ അപ്പോ ആ നിയമ അല്ലെങ്കിൽ നമ്മളിപ്പോ എന്താണോ നിയമവിരുദ്ധമായി ഏതെങ്കിലും ഒരു വിഷയത്തിൽ നമ്മൾ ഈ സദാചാര വിരുദ്ധം എന്ന് വെച്ചാൽ നിയമവിരുദ്ധമാകും ഒരു സംശയമില്ല അങ്ങനെ ചെയ്ത അത് നിയമവിരുദ്ധമാണ് അപ്പൊ സദാചാര ബിരുദ്ധം എന്ന് വെച്ചാൽ നിയമവിരുദ്ധം തന്നെയാണ് അപ്പൊ സദാചാരം പറയുന്നത് ഏറ്റവും അടിസ്ഥാനപരമായിട്ട് പിന്നെ എന്താണ് ഒരു വ്യക്തി ധാർമ്മികത എന്ന് പറയുന്നുണ്ട് ഒരു വ്യക്തിയുടെ സ്വന്തം കാഴ്ചപ്പാടുകൾ പക്ഷെ ആ സ്വന്തം കാഴ്ചപ്പാടുകൾ നിയമവ്യവസ്ഥക്ക് അനുസരിച്ച് പോകാൻ പറ്റും അതായത് ഇതെന്റെ ശരി അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പ്രവർത്തിക്കുന്നു ആ മറ്റേ അവന്റെ ശരി അതുകൊണ്ട് അങ്ങനെ പറ്റില്ല എന്തുകൊണ്ട് നമ്മള് പൊതുശരി അനുസരിച്ച് നമുക്ക് ജീവിക്കാൻ പറ്റൂ എന്റെ ശരിയായതുകൊണ്ട് ഞാൻ എങ്ങനെ ചെയ്യുന്ന പറയാൻ പറ്റില്ല പൊതുശരിയൊന്നും ഉണ്ട് ആ പൊതുശ്ശരിയനുസരിച്ച് മനുഷ്യനെന്ത് ജീവിക്കാൻ പറ്റും എന്നു ചിലപ്പോൾ റോഡിലിറങ്ങിയിട്ട് ഇടതു ദിവസം ചേർന്ന് വണ്ടി ഓടിക്കുന്നു ഞാൻ പറയാനില്ല എന്റെ ശരി വര ദിവസമെന്ന് പറഞ്ഞാൽ പറ്റൂ പറ്റുമോ അപ്പോൾ എല്ലായിടത്തും നമ്മൾ പൊതു നിയമം പറിക്കണം ഒരു സ്ഥലത്ത് ചെയ്യുന്ന ക്യൂവിൽ നിൽക്കണമെന്ന് വെച്ചാൽ അവിടെ ക്യൂ നിൽക്കണം ക്യൂ നിന്നേ പറ്റും അപ്പോൾ പൊതു നിയമമാണ് അങ്ങനെ സർവ സ്ഥലത്തും പുരുഷന്മാർ പുരുഷന്മാരോടങ്ങനെ പെരുമാറണം പുരുഷന്മാർ സ്ത്രീകളോടങ്ങനെ പെരുമാറണം എന്നുള്ളതി നിയമവ്യവസ്ഥയുണ്ട് അപ്പോൾ ഒരു പുരുഷൻ എന്നുള്ള സന്യാസി സ്ത്രീയോടെ അങ്ങനെ പെരുമാറണം ആ നിലവിലുള്ള നിയമവ്യവസ്ഥയ്ക്ക് അനുസരിച്ച് പെരുമാറിയാൽ ഒരു കുഴപ്പമില്ല അതുതന്നെ സദാകാരം അതിൽ എന്തെങ്കിലും മാറ്റം വന്നു കഴിഞ്ഞാൽ അത് നിയമത്തിന് വിരുദ്ധമാണ് അപ്പം വിരുദ്ധമാണ് മനസിലായ അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ പിന്നെ ഒരു ധാർമ്മിക ബോധം എന്ന് പറയുന്നത് ഇതുപരമായിട്ട് ഓരോ അത് സബ്ജക്റ്റീവ് മൊറാലിറ്റി എന്ന് പറയും അത് എന്താണ് അത് ഓരോ വ്യക്തി സൂക്ഷിക്കേണ്ട കാര്യമാണ് ആ എന്റെ പോളിസി ഇതാണ് ഞാൻ എന്റെ ഈ പോളിസി തൊട്ട് ഞാൻ പ്രവർത്തിക്കത്തില്ല എന്ന് പറഞ്ഞു ഓരോ കാര്യങ്ങളിലും ഓരോർക്കെന്താണ് ശരിയായ നിലപാടുകൾ എടുക്കാം പക്ഷെ നിത്യാനിത്യവസ്തു വിഭവം എന്ന് പറഞ്ഞാൽ എന്താണോ നമ്മള് നിയമവ്യവസ്ഥക്ക് കീഴ്പ്പെട്ട് അതിന് വിധേയമായി ജീവിക്കാമെന്നുള്ളത് ഇതാണ് സന്യാസിമാർക്ക് അറിയാത്തത് സന്യാസിയെന്ന് പറയുന്നത് സന്യാസിയാബിന്റെ വിധി നിഷേധമൊന്നുമില്ല ഇങ്ങനെയൊക്കെ പറയുന്ന മണ്ഡന്മാരുണ്ട് പിന്നെ എന്തുവാ അങ്ങനെയൊന്നും പറ്റിയില്ല എല്ലാ കാര്യങ്ങളും നമ്മൾക്ക് നിയമ വിധേയമായി നമുക്ക് ജീവിക്കാനും പ്രവർത്തിക്കാനും പറ്റും അതുകൊണ്ട് ശങ്കരായ പറഞ്ഞൊന്നും പ്രായോഗികമായ കാര്യങ്ങളല്ല അപ്പോ എന്തുകൊണ്ട് സന്യാസി കർമ്മം ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു വൈദികമായ കർമ്മങ്ങൾ ചെയ്യണമെങ്കിൽ അതിൽ സത്യത്വബുദ്ധിയാണ് ആ സത്വത്വബുദ്ധി സ്വർഗ്ഗം സത്യമാണെന്ന് അറിയാതിന് അതിന് കർമ്മം ചെയ്യും അത് സത്യത്വബുദ്ധി ഇല്ലാത്തവൻ ചെയ്യുന്നില്ലർത്ഥം അതാണ് പറയുന്നത് ക്രിയാ കർത്തൃ കാരകർത്താ ഫലപ്രപഞ്ചമെന്ന് പറയുന്ന കർമ്മമാണ് അതാത്വികം സത്യമല്ല വിനിച്ഛിന്വൻ എന്ന് നിശ്ചയിക്കുന്നവൻ കഥം അധികൃതോന്നാമ അവൻ എങ്ങനെയാണ് കർമ്മങ്ങൾക്ക് അധികാരിയാകുന്നത് വൈദികർമ്മക്ക് അധികാരിയാകുന്നു അവൻ വൈദിക കർമ്മങ്ങൾ ചെയ്യത്തില്ല എന്നർത്ഥം വിദുഷോഹി അധികാരോ അന്യഥ പശുശൂദ്രാദീനാമപ്യധികാരോ ദുർവാരസ്യ പറയുന്നു എപ്പോഴും കർമ്മത്തിന് അധികാരി ആരാണ് വിഷ വിദ്വൻ വിൻന്ന് പറഞ്ഞാൽ തരും ഞാനിന്നല്ല വിദ്വാനെന്ന് പറഞ്ഞ എന്താർത്ഥം ഏഹ് വിദ്വാനെന്ന് പറഞ്ഞാൽ എന്താർത്ഥം ചാതുർ വർണ്ണീയ വ്യവസ്ഥ അതിന്റെ സ്വധർമ്മം കർമ്മങ്ങൾ കർമ്മഫലം ഇത്തരം കാര്യങ്ങളെ കുറിച്ചൊക്കെ ശരിക്കും ബോധമുള്ള അവനേറ്റവും അടിസ്ഥാനപരമായി അവൻ്റെ അറിവ് ഏതിലായിരിക്കണം ചാതുപ്രണ്ണയത്തിലായിരിക്കും ചാതു പ്രണ്ണയത്തെ കുറിച്ച് താൻ ഏത് ജാതിപ്പെടുന്നു എന്നവന് ശരിയായ ബോധ്യം വേണം അതാണ് അടിസ്ഥാനം പിന്നെ താൻ ഇന്ന ജാതിപ്പെടുന്നു ഞാൻ വൈശ്യനാണ് എന്നറിഞ്ഞു കഴിഞ്ഞാൽ വൈശ്യന് ചോദിച്ച കർമ്മങ്ങൾ ഏതൊക്കെയാണ് അതിനെക്കുറിച്ച് ബോധ്യം ആ വൈശ്യം ചെയ്യേണ്ട കർമ്മങ്ങളൊക്കെ അവൻ ചെയ്യാൻ പാടില്ല ഇതാണ് വിദ്വാൻ മാത്രമേ വിദ്വാന് മാത്രമേ കർമ്മത്തിൽ അധികാരമുള്ളൂ അപ്പൊ ആർക്കൊക്കെയാ കർമ്മത്തിൽ അധികാരമുള്ളത് ബ്രാഹ്മണൻ ക്ഷത്രിയൻ വൈശ്യൻ ഈ മൂന്ന് തോട്ടർ ഒക്കെ ഉള്ളു കർമ്മത്തിലധികാരം അന്യഥ അങ്ങനെ നിങ്ങൾ സ്വീകരിച്ചില്ലെങ്കിൽ പശു ശൂദ്രാദീന അധികാരവും ദുർവാരസ്യം അല്ലെങ്കിൽ മൃഗങ്ങൾക്ക് ശൂദ്രന്മാർക്കും കർമാധികാരം വരും അവർക്കുണ്ടാ നോക്ക പശു ശൂദ്രൻ ഇപ്പോൾ ശൂദ്രന്മാരെ പറയുമ്പോ ഏതിനോട് ചേർത്താ പറയുന്നത് പശു എന്ന് വെച്ചാൽ മൃഗം മൃഗവും ശൂദ്രനും ഒരേ കണക്കാണ് ഈ കർമ്മത്തിന്റെ കാര്യം വരുന്നു എന്തുകൊണ്ടാണ് മൃഗത്തെയും ശൂദ്രനെയും ഒരേ പട്ടികപ്പെടുത്തിയിരിക്കുന്നത് അവര് കർമാധികാരികളല്ല പാപയോനികളാണ് പാപം കൊണ്ട് ജനിച്ചവരാണ് മനസിലായോ പാവം കൊണ്ട് ജനിച്ചവരാണ് അവർ കർമാധികാരികളല്ല അവർക്കറിയാം നമുക്ക് കർമ്മത്തിന് അധികാരമുള്ള നമ്മൾ ചെയ്യാൻ പാടില്ല അപ്പോ പശൂദരന്മാരും മൃഗങ്ങളും കർമ്മത്തിന് അധികാരിയല്ല അടുത്ത് വിശദമായി പറയും കർമ്മത്തിന് അധികാരിയായിരിക്കുന്നു എന്താണ് ബ്രാഹ്മണൻ ക്ഷത്രിയൻ പേശൽ ഈ മൂന്ന് കൂട്ടറാണ് അവർക്ക് വേണ്ട കർമ്മങ്ങൾ ചെയ്യും അപ്പം ശൂദ്രനെപ്പോഴും മൃഗങ്ങളോടിച്ചു പിടിച്ചേർത്താ പറയുന്നു ശൂദൻ അവന് അധികാരമില്ലാത്തോണ്ട അവന് വിദ്യാഭ്യാസത്തിനും അധികാരമില്ല പൊതുവെ പറയുകയാണ് വിദ്യാഭ്യാസത്തിനവനധികാരമില്ല വൈദിക കർമ്മത്തിനും അവന് ഇല്ല ഇത് ശങ്കരാചാര്യം പഴയാചാര്യന്മാരും മനുസ്മൃതി എല്ലാവരും പറയുന്നതന്നെയാണ് അപ്പോ ചാതുർ വ്യവസ്ഥിതി അനുസരിച്ച് പറയണം പിന്നെ ശുദ്രനും മൃഗവും തുല്യമാണ് എന്നുള്ള കാര്യം കർമ്മത്തിന് അധികാരം അവനില്ല എന്നുള്ള കാര്യം ബ്രാഹ്മണൻ ക്ഷത്രിയും വെച്ച മൂന്ന് യാതികൾക്ക് കർമ്മത്തിന് അധികാരമുള്ളൂ എന്ന് പറയുന്ന ഈ കാര്യം ഈ കാര്യങ്ങളൊന്നും ഇന്നത്തെ ശൂദ്രസ്വാമിമാർക്കറിയത്തില്ല അവരെന്താ പറയുന്നത് ശൂദ്രന്മാർ പറയുന്നത് എന്താണ് ഞങ്ങൾ ബ്രാഹ്മണന്മാരാണ് ശൂദ്രസ്വാമിമാരെല്ലാം പറയുന്നത് എന്താണ് ഞങ്ങള് ബ്രാഹ്മണർ അപ്പൊ ചോദിക്കുന്നു നിങ്ങൾ ബ്രാഹ്മണരാണെങ്കിൽ ബ്രാഹ്മണന് ബ്രാഹ്മണന് അധികാരമുള്ള കർമ്മങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ ചെയ്യാൻ പറ്റും പറ്റത്തില്ലല്ലോ ബ്രാഹ്മണന് ചെയ്യാൻ അധികാരമുള്ള കർമ്മങ്ങൾ ഈ ശൂദ്രസ്വാമിക്ക് ചെയ്യാൻ പറ്റില്ല എന്തുകൊണ്ട് ശൂദ്രനും അതിനുള്ള അധികാരമുണ്ട് അപ്പൊ സന്യാസിയായിട്ട് അവൻ പറയാണ് ഞാൻ ശൂദ്രനാണ് സന്യാസിയാണ് എന്തുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഞാൻ ശൂദ്രനെന്ന് പറയാൻ കാരണം പറയുന്നത് ജ്ഞാനമുണ്ടെന്നാണ് ജ്ഞാനിയായത് കൊണ്ട് ഞാനും ബ്രാഹ്മണനാണ് ബ്രഹ്മജ്ഞാനിയാണ് ബ്രാഹ്മണൻ ഇവനെന്ത് ജ്ഞാനുള്ളത് എന്ത് ജ്ഞാനുള്ളത് വിവേക ചൂടാമണി പഠിച്ചിട്ടുണ്ടിരിക്കുന്നവൻ്റെ ഇത് പഠിച്ചു കഴിഞ്ഞാൽ ബ്രാഹ്മണൻ ആകും ശൂദ്രൻ എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ട് അല്ലെവൻ എന്താ ജ്ഞാനമുള്ളത് ഇവേ ചൂടാമണി പഠിച്ചു കഴിഞ്ഞാൽ ശൂദ്രൻ ബ്രാഹ്മണനാവൂന്നങ്ങനെ അല്ലേവൻ പറയുന്നത് ശൂദ്രൻ ഇവയെ ചൂടാവണി പഠിച്ചു കഴിഞ്ഞാൽ ബ്രാഹ്മണനാകുമ്പോൾ നമുക്ക് മൃഗങ്ങളെയും ബ്രാഹ്മണൻ ആകും അവരുടെ മുമ്പ് കാരണം ശൂദ്രനും മൃഗം ഒരേ കണക്കം തന്നെ പറഞ്ഞിരിക്കും അപ്പൊ ശൂദ്രന് ഞാനും ഉണ്ടാവുമെങ്കിൽ മൃഗത്തിന് ഞാനും ഉണ്ടാവണു കാരണം അവൻ രണ്ടുപേരും കിണത്തിലെ ശൂദ്ര പശു ശൂദ്രൻ എന്നാണ് അപ്പൊ ശൂദൻ പറയുന്നു എനിക്ക് പഠിച്ചപ്പോ ഞാനും ഉണ്ടായെന്ന് പറയണെങ്കിൽ അതേ അവന്റെ വർഗത്തിൽപ്പെട്ടാണ് അവര് പശു പാള അപ്പൊ അതിനും ചൂടാവണി പഠിപ്പിച്ചു അതിനും ജ്ഞാനം ഉണ്ടായി അതും ബ്രാഹ്മണനായി അവനും പറയാനുണ്ട് ജ്ഞാനം ബ്രാഹ്മണനാണ് അപ്പോ ബ്രഹ്മജ്ഞാനം കൊണ്ട് ബ്രാഹ്മണനാകും പറയുന്നത് തട്ടിപ്പാണ് ഇനി ബ്രാഹ്മണൻ ബ്രഹ്മജ്ഞാനം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ആര് തന്നെ ബ്രാഹ്മണൻ തന്നെ ശൂദ്രൻ ബ്രഹ്മജ്ഞാനം ഉണ്ടായെന്ന് പറഞ്ഞൊരിക്കലും അവൻ ബ്രാഹ്മണൻ ആകത്തില്ല പക്ഷെ അവനൊരു വലിയ തെരുദ്ധാരണ എന്താണ് ബ്രഹ്മജ്ഞാനി എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണനാകാം എന്ന് പറയുന്നു അവനെ ആകത്തില്ല കാരണം സൂര്യനെ പശുവിന്റെ കൂട്ടത്തിലെ പശു ബ്രാഹ്മണനാകുന്നില്ലെങ്കിൽ സൂര്യനും ബ്രാഹ്മണനാകാൻ പറ്റത്തില്ല പഴയ വ്യവസ്ഥയാണ് അത് മാറ്റാനും മറിക്കാനും നോക്കത്തില്ല ഇന്നിപ്പോൾ ആൾക്കാർ ഇതൊക്കെ പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ഞാൻ പറയുമ്പോൾ ആൾക്കാർ സ്വാമി പറയുന്നത് ശരിയാണ് എന്താ എന്താ ശരിയാണ് നമുക്ക് ഹിന്ദു ഐക്യം വേണം ഹിന്ദു ഐക്യത്തിന് വേണ്ടിയൊക്കെ എന്തു ചെയ്യണം സൂദനെ എന്ത് പറയണം ബ്രാഹ്മണനാണോ ഇവർ പറയുന്നു ഹിന്ദു ഐക്യം ആയിക്കോട്ടെ നമുക്ക് വിനോദമൊന്നുമില്ല ഹിന്ദു ഐക്യം വേണമെങ്കിലും ആയിക്കോട്ടെ ഹിന്ദുക്കളെല്ലാം ഒന്നാവട്ടെ ഹിന്ദു ഐക്യം ഉണ്ടാകാൻ വേണ്ടിട്ട് സൂദന ബ്രാഹ്മണനാണോ ആക്കണമെന്ന് പറഞ്ഞാൽ എനിക്കത് മനസ്സിലാകത്തില്ല അത് മനസ്സിലാക്കാൻ കുറച്ച് പാടാണ് ഹിന്ദുവിന്റെ മെനിയാക്കിക്കോട്ടെ വിരോധ അതുകൊണ്ടിവിടെ പ്രത്യേകം പറഞ്ഞിരിക്കുകയാണ് എന്താണ് വിദ്വാന് എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണൻ ക്ഷത്രി വഹിച്ച മൂന്ന് ജാതിപ്പെട്ടവർക്കാണ് അധികാരം അല്ലെങ്കിൽ സ്വീകരിച്ചില്ലെങ്കിൽ അന്യതാ മറിച്ചാണ് എന്ന് പറഞ്ഞാൽ പശു ശൂദ്രാധീനാമൊക്കെ മൃഗങ്ങൾക്കും ശൂദ്രന്മാർക്കും കർമ്മത്തിൽ അധികാരം ഉണ്ടെന്ന് വരും അധികാരം ദുർവാരസ്യ നമുക്ക് മാറ്റി വയ്ക്കാൻ വലിയ അപകടം പോലെയാണ് ുരൊഴിവാക്കാൻ പറ്റില്ല ശൂദ്രന് കർമ്മത്തിൽ അധികാരം ഉണ്ടോ എന്ന് വന്നു കഴിഞ്ഞാൽ അത് മൃഗങ്ങൾക്ക് കർമ്മത്തിൽ അധികാരം ഉണ്ടെന്ന് പറയുമ്പോഴാണ് കാരണം ശൂദ്രൻ മൃഗ തുല്യനാണ് ഇതിന് ചില ആൾക്കാർ പറയാ ശൂദ്രൻ എന്ന് പറയുന്നുണ്ടെങ്കിൽ അത്രയും പ്രൈസായകളുടെ കാര്യമൊന്നും കാരണം ഈ ശൂദ്രൻ എന്ന് പറയുന്ന അന്ന് ഈ പറയുന്ന രീതിയിൽ ബ്രാഹ്മണൻ ക്ഷത്രിയന് മൈ എന്താണ് നല്ല രീതി ജീവിക്കാത്തവനാണ് അവൻ അവന് വിദ്യയില്ല അവന് മറ്റേ വൃത്തിയില്ല ഇല്ലാത്തവനാണ് ശൂദ്രൻ എന്ന് പറഞ്ഞത് അല്ല അവരോട് വിരോധം കൊണ്ട് പറഞ്ഞതല്ല അതുകൊണ്ട് ഇന്ന് നിങ്ങള് കുളിക്കാതെ ക്ലാസ് കയറ്റും അതുപോലെ കുളിക്കാതെ അവരെ ക്ലാസ് കയറ്റിയില്ല അതുകൊണ്ടാണ് ശൂദ്രൻ എന്ന് പറയുന്നതെന്ന് പറഞ്ഞാലോ ഏ ശരിയാണോ ആണോ ഏ ഇതുകൊണ്ടല്ലോ അതുകൊണ്ടൊന്നും ഒന്നും മനസ്സിലാകീ കേരളത്തിൽ അല്ലേ ജീവിച്ചു ഒന്നും കേട്ടിട്ടുമില്ല കഥകളൊന്നും അവസ്ഥ അനുസരിച്ച് അതായത് ശൂദ്രന് കുളിക്കാൻ പറ്റില്ല എന്തുകൊണ്ട് ശൂദ്രന് വെള്ളത്തിറങ്ങി കുളിക്കണമെങ്കിൽ വെള്ളത്തിറങ്ങി കുളിച്ചാൽ എന്ത് കിട്ടും അടി കിട്ടും മനസിലായ ശൂദന പുറന്തള്ളിയവനാണ് ബഹിഷ്കരിച്ചവനാണ് അവന് കുളിക്കാൻ പറ്റില്ല വിദ്യാഭ്യാസം ചെയ്യാൻ പറ്റില്ല പിന്നെ കുളിച്ച് പഠിച്ചു വരിക എന്ന് പറയുന്ന അവന് നടക്കൂ അവന് തന്നെ നിഷേധിച്ചിരിക്കുകയാണ് നിഷിദ്ധ വർഗമാണ് നിഷിദ്ധ വർഗമായതുകൊണ്ട് അവനവൻ കുളിക്കാത്തത് പിന്നെ ഏത് വ്യവസ്ഥയനുസരിച്ചവിടെ എനിക്ക് പറയുന്നത് ഇതൊക്കെ പറയുന്നത് പിന്നെ എന്തിന്റെ പേരിലാണ് ഇതൊക്കെ പറയുന്നത് അപ്പോ കുളിക്കാത്തവൻ ആയതുകൊണ്ട് അവന് എന്താണ് കൂട്ടത്തിൽ കൂട്ടാൻ പാടില്ല എന്ന് പറയുന്നതിന് അസംബന്ധമാണ് കാരണം അവൻ ബഹിഷ്കരിക്കപ്പെട്ടവനാണ് അവന് കുളിക്കാനുള്ള അവസരം ഇല്ല കുളിക്കുന്നെങ്കിൽ പൊതു കുളങ്ങൾ ഒന്ന് കുളിക്കുന്നുണ്ടോ അവിടെ അവന് കുളിക്കാൻ പറ്റില്ലല്ലോ അതവന് അനുവാദമില്ലല്ലോ പൊതുവെള്ളന്ന് കുളിക്കാൻ മാത്രല്ല കുടിക്കാൻ അനുവാദമുണ്ട് അപ്പൊ ബഹിഷ്കരിക്കപ്പെട്ടവന് ഒരിക്കലും ഈ പറയുന്ന ശുചിത്വം പോലെയുള്ള ഒരു കാര്യങ്ങളും അവന് പാലിക്കാൻ പറ്റില്ല പാലിക്കാൻ പറ്റില്ലെങ്കിൽ അവന് വിദ്യാഭ്യാസത്തിനും അധികാരമില്ല അപ്പോ പിന്നെ ഞാൻ കുളിക്കാത്തതും പഠിക്കാത്തതും എന്റെ കുറ്റമാണോ ണോ പൊളിച്ചില്ല പഠിച്ചില്ല ശൂത്രന്റെ കുറ്റമാണ് കൊത്തുന്നില്ല എന്തുകൊണ്ട് അവനെ ബഹിഷ്കരിച്ചത് കൊണ്ട് അവനെന്ത് ചെയ്തു ആയിത്തക്കാരനായി ബഹിഷ്കരിച്ചോണ്ടാണ് അവന് കുളിക്കുകയും പഠിക്കുകയും ചെയ്യാത്തത് പിന്നെ അവന് ആ ഒരു ആശയമേ അവന്റെ തലയി വരത്തില്ല അപ്പൊ കുളിക്കാത്തുകൊണ്ടും പഠിക്കാത്തതു കൊണ്ടുമാണ് അവനെ മാറ്റി നിർത്തിയെന്ന് പറയുന്ന ഒരു വാദമുണ്ട് ചാതുർ പണ്ണിക്കാരുടെ അത് അസംബന്ധമാണ് എന്തുകൊണ്ട് അവനെ കുളിക്കാൻ അനുവദിക്കാതെയും പഠിക്കാൻ അനുവദിക്കാതെയും മാറ്റി നിർത്തിയത് കൊണ്ടാണ് അവൻ കുളിക്കാതെയും പഠിക്കാതെയും വന്നത് അപ്പൊ അത് ബഹിഷ്കരണത്തിന്റെ ബഹിഷ്കരണം കൊണ്ട് സംഭവിച്ച കാര്യമാണ് അവനന്നെ അനുവാദമില്ലേത് പൊതുരംഗത്ത് വരാൻ പറ്റില്ലല്ലോ പിന്നെ തോട്ടിൽ ഇറങ്ങമ്മയാത്ത അങ്ങനെ പഠിക്കും പണിപ്പെടുത്തി പോകുന്നില്ല എല്ലാ തരത്തിലും പുറന്തള്ളി കഴിഞ്ഞാൽ പുറന്തള്ളിയുശേഷം പറയണം കുളിക്കാത്തോണ്ടും പഠിക്കാത്തത് കൊണ്ടുമാണ് അവനെ അടുപ്പിക്കാത്തതെന്ന് പറയുന്നതിന് എന്തെങ്കിലും അർത്ഥം ഉണ്ടോ യാതൊരു അർത്ഥമുണ്ട് അതാണ് നമ്മുടെ ചരിത്രം എന്ന് പറയും ആൾക്കാരൊന്നും മറന്നുപോയി മറന്നുപോയിട്ട് വേറെ എന്തെങ്കിലും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കും അത് കുളിക്കാത്തത് കൊണ്ടാണ് അമ്പലത്തിൽ കയറ്റാത്ത എവിടെ പോയി പൊളിക്കും അടിസ്ഥാനപരമായി വിദ്യാഭ്യാസം നിഷേധിച്ചുകഴിഞ്ഞാൽ ബാക്കി എല്ലാ തരത്തിലുള്ള മനുഷ്യന്റെ പുരോഗതി അവിടെ നിഷേധിക്കുകയാണ് പിന്നെ ഒരു കാരണവശാലും അവന് സമൂഹത്തിലേക്ക് ഇട ഇടപെടാൻ കഴിയില്ല ഇടകലരാൻ കഴിയാതെ അതാണ് സംഭവിച്ചത് അതുകൊണ്ട് ആ ശൂദ്രന്റെ പതനം ശൂദ്രൻ സംഭവിച്ച വലിയ പഠനം പഴയകാലം സംഭവിച്ചിട്ടുണ്ട് അതിന് ഉത്തരവാദി ശൂദ്രനല്ല പിന്നെ അവനാരാണ് ഉത്തരവാദി ശൂദ്രന്ടെ പതനത്തിനു വേണ്ടി നിയമങ്ങൾ വെച്ച് അവനെ ആരൊക്കെയാണോ ബഹിഷ്കരിച്ച് അവരെല്ലാം അവന് ഉത്തരവാദി അവനതിനനുവദിച്ചില്ല അവരാണ് അതിന് ഉത്തരവാദി അതാണ് മനസിലാക്കേണ്ട കാര്യം അതുകൊണ്ട് ഈ പറയുന്നതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ധ്രുവാരോഹ പശുശൂദ്രാദികൾക്കും അധികാരം ബന്ധു ഒരാപത്ത് വരെയാണ് ധ്രുവാരോ ഒഴക്കാമ്യാതെ വരും എന്ന് വെച്ചാൽ ശൂദ്രന് അറിവുണ്ടാവും ശൂദ്രൻ കർമ്മങ്ങൾ ചെയ്യും വലിയൊരാപത്ത് വരുമെന്നാണ് പറയും വരാൻ പാടില്ല അപ്പൊ ശുചിത്വത്തിന്റെ പേരിലാണ് ഇതൊക്കെ സംഭവിച്ചത് ശുചിത്വം ഇല്ലാത്തതുകൊണ്ടാണെന്നൊക്കെ പറയുന്നത് എല്ലാം അസംബന്ധമാണ് ബഹിഷ്കരിച്ചത് കൊണ്ടാണെല്ലാം സംഭവിച്ചത് ബഹിഷ്കരിച്ചത് എങ്ങനെ ബഹിഷ്കരിക്കാൻ ആരാണോ ബഹിഷ്കരിച്ചത് അവരവരുടെ അറിവും ബുദ്ധിയും ശക്തിയും എല്ലാം ഉപയോഗിച്ച ബഹിഷ്കരിച്ചത് അതാണ് സംഭവം Om Om Naga Om Naga Om Naga Om Naga